ദൈവത്തിന് സ്തോത്രം വളരെ പ്രധാനപ്പെട്ടതും വളരെ അടിസ്ഥാനപരവുമായ ദൈവവചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു രണ്ട് വാക്കുകളാണ് ഒന്ന് കുരിശ് ജീവൻ കുരിശ് ജീവൻ അപ്പം ഞാനതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്ന രണ്ട് വാക്കുകളായതുകൊണ്ട് ഇന്ന് ബ്രദറ് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെ പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് ചില വാക്യങ്ങൾ കൂടെ ഞാൻ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ പ്ലാങ്കിനെ കുറിച്ചും ഹൊറിസോൺട്രൽ പ്ലാങ്കിനെക്കുറിച്ചും നമ്മൾ കേട്ടു നമ്മളെ യോഗനാൻ പത്താം അധ്യായം യോഗനാൻ പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പത്താം വാക്യം മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഞാൻ വന്നിരിക്കുന്നത് കർത്താവ് വന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു അവർക്ക് ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് പിഷാജി വന്നിരിക്കുന്നത് മോഷ്ടിക്കുവാനും അറക്കുവാനും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ചൈതന്യവും ജീവനും എടുത്തു കളയുവാനാണ് എന്നാലിതാ കർത്താവിനെ കുറിച്ച് പറയുന്നു കർത്താവ് വന്നത് ഞാൻ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും ജീവൻ സമൃദ്ധിയായിട്ട് അപ്പോൾ രണ്ട് പ്രയോഗങ്ങളിവിടെയുണ്ട് ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായ ജീവൻ നമ്മൾ പറഞ്ഞു ആദ്യം പറഞ്ഞു രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്കെപ്പോഴാ ജീവൻ ഉണ്ടായത് നാം അകൃത്യത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന നാം കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു ആ ക്രൂശിലേക്ക് നോക്കി നമ്മുടെ പാപങ്ങളെ നാം വനിത വെച്ച് നാം ഏറ്റുപറഞ്ഞു യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു നാം ജീവിപ്പിക്കപ്പെട്ടു വഴിയോരത്തിൽ നാം രക്തം ചിന്തിക്കിടന്നപ്പോൾ കർത്താവ് നമ്മെ രക്ഷിച്ചു നമുക്ക് ജീവൻ വന്നു പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് ജസ്റ്റ് ജീവൻ വന്ന് നമ്മൾ അങ്ങനെ ഇരിക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവൻ ഉണ്ടാകണം പക്ഷേ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണം അപ്പോൾ ഈ സമൃദ്ധിയായ ജീവൻ നമുക്കുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ സമൃദ്ധിയായ ഒരു ജീവൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്കത് തരുന്നു അപ്പൊ ജീവൻ കർത്താവ് തരുന്നു കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവനും തരുന്നു അപ്പൊ ഈ സമൃദ്ധിയായ ജീവനും നമുക്ക് നമുക്ക് ആദ്യം ലഭിച്ച ജീവനെ പോലെ ഈ സമൃദ്ധിയായ ജീവനും നമുക്ക് അങ്ങനെ തന്നെ ഈ കൃഷിലേക്ക് ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോ നമുക്ക് ലഭിക്കുന്നതാണോ നമ്മള് നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണല്ലോ ഏഹ് മത്തായി പതിനൊന്നാം അധ്യായം മത്ത പതിനൊന്നാം അധ്യായത്തിൽ അവിടെ ഇരുപത്തി എട്ടും ഇരുപത്തിയൊമ്പതും വാക്യങ്ങൾ വായിക്കട്ടെ ഞാനും വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞതിനോട് ചേർന്ന് പങ്കുവയ്ക്കുന്നത് അധ്വാനിക്കുന്നവരും പാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പാപത്തിൻ്റെ ഭാരവും അധ്വാനവും ഒക്കെയായിട്ട് ഇരിക്കുന്ന സഹോദര സഹോദരി അല്ലെങ്കിൽ മകനെ മകളെ നീ ആരുമായി കൊള്ളട്ടെ നീ എന്താ ചെയ്യേണ്ടത് നീ എൻ്റെ അടുക്കൽ വരിക നീ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഭാരങ്ങൾ നീങ്ങിപ്പോയി ദൈവം നമുക്കൊരാശ്വാസം നൽകി നമുക്കൊരു സമാധാനം നൽകി നമുക്ക് കർത്താവ് ലഭിക്കുന്ന ആ കർത്താവിൽ നിന്ന് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറിഞ്ഞ് നാം പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനം നമുക്ക് ലഭിക്കുന്ന ഒരു ജീവൻ നമുക്ക് രക്ഷിക്കപ്പെട്ടു പക്ഷേ ആ വാക്യം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അടുത്ത ഭാഗം എന്താണ് പറയുന്നത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ പഠിക്കുവീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃതവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു അപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നു അപ്പോൾ എനിക്ക് ജീവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു ജീവൻ ലഭിച്ചു പക്ഷേ തുടർന്ന് എന്താ പറയുന്നത് എന്നോട് പഠിക്കാനായിട്ട് പറയുന്നു അതൊരു തുടർമാനമായുള്ള ഒരു പ്രക്രിയയാണ് അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ എന്താ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പഠിക്കുന്നത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കു ഈൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും അപ്പം ഞാൻ കണ്ടെത്തേണ്ട ഒരാശ്വാസത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു അപ്പം ഞാൻ കണ്ടെത്തേണ്ട ഈ ഒരാശ്വാസം അത് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ മുഖം ചുമന്നുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ പുറകെ പോകുമ്പോൾ എനിക്ക് കണ്ടെത്താവുന്ന ഒരാശ്വാസം അത് ഞാൻ നമുക്ക് വേണമെങ്കിൽ പറയാം ആ കണ്ടാത്ത കണ്ടെത്തുന്ന നാം ആശ്വാസം നാം ഓരോ സാഹചര്യത്തിലും നാം നുഖമേറ്റുകൊണ്ട് നാം കണ്ടെത്തുന്ന ആ ഒരാശ്വാസം അതിങ്ങനെ നമുക്ക് കൂടിക്കൂടി വരുന്നു അപ്പം അതിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമൃദ്ധിയായ ജീവൻ്റെ വഴി എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ മരണത്തിലൂടെയുള്ള ജീവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ള ഒരു വഴിയെ കുറിച്ചും ദൈവചനം പറയും അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ മുഖം ഏറ്റെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മുഖം എടുത്തുകൊണ്ട് പിൻവറ്റാൻ പക്ഷേ അതിനെ നമുക്ക് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ സുവിശേഷങ്ങളിൽ മത്തായി പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മളോട് പറയുന്നത് ഇരുപത്തിനാലാം വാക്യം പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ ഇതാ കർത്താവിൻ്റെ മുഖം എന്ന് അവിടെ പറഞ്ഞ കാര്യം അത് നാം പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ പറയുന്നു എൻ്റെ ക്രൂശ് എടുത്ത് ഞാൻ കർത്താവിനെ അനുഗമിക്കട്ടെ അപ്പോൾ എൻ്റെ ക്രൂശ് എടുക്കാനായിട്ട് ഇവിടെ പറയുമ്പോൾ അതിനോട് ചേർന്ന് എൻ്റെ തൊട്ടു മുമ്പ് പറയുന്നു ഞാൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു ക്രൂശ് ഞാൻ കർത്താവിനെ അനുഗമിക്കുന്ന ഈ വഴിയിൽ സമൃദ്ധയായ ജീവൻ്റെ വഴിയിൽ അല്ലെങ്കിൽ മരണത്തിലൂടെയുള്ള ജീവൻ്റെ വഴി എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ ത്യജിച്ച് എന്റെ ക്രൂശ് എടുത്ത് ദൈവത്തെ അനുഗമിക്കുന്നതാണ് ബ്രദർ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു നമ്മൾ എഫ് എ സി തുടങ്ങുമ്പോൾ എഫ് എ സി ലേഖനത്തിൽ വാക്യമുണ്ട് അവിടെ ഗ്രീക്കും യഹൂദരുമായ വ്യത്യസ്തരായ ആളുകൾ അവരെങ്ങനെയാണ് ഒന്നാകുന്നത് എങ്ങനെയാണ് ഒന്നാകുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അവരെ അവരെ ക്രൂശിലാണ് അവരൊന്നാകുന്നത് അപ്പൊ എന്താ ഈ ക്രൂശിൻ്റെ മറ്റൊരു പ്രായോഗികമായ തലത്തിലുള്ള മറ്റൊരു അർത്ഥമായിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം എനിക്ക് ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഇഷ്ടം ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന എൻ്റെ സ്വന്തം ഇഷ്ടം ആ സ്വന്ത ഇഷ്ടത്തെ ഞാൻ ത്യജിച്ച് ദൈവമേ അങ്ങയുടെ ഇഷ്ടം മതി അങ്ങയുടെ താല്പര്യപ്രകാരം ഞാൻ മുമ്പോട്ട് പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു അതിന് കുറുകെ നിൽക്കുന്ന എൻ്റെ ഈ സ്വന്തം താല്പര്യങ്ങൾ എൻ്റെ ഈ സ്വന്തം ഇഷ്ടം അത് ഞാൻ വേണ്ട എന്ന് വെച്ച് ഞാൻ അങ്ങയുടെ പുറകെ അനുഗമിക്കും അപ്പോൾ ഈ ജീവൻ്റെ വഴിയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക് ജീവൻ്റെ വഴി ഉണ്ടാകുന്നു എന്നെ കർത്താവിനെ ഞാൻ അനുഗമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വഴിയിലൂടെ ഞാൻ തന്നെ തൻ എന്നെ ത്യജിച്ച് എൻ്റെ ഇഷ്ടത്തെ ത്യജിച്ച് എൻ്റെ വഴികൾ എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ എനിക്ക് ആഗ്രഹമുള്ള താല്പര്യത്തെ ഞാൻ വേണ്ട എന്ന് വെച്ച് ഞാൻ കർത്താവെ അങ്ങയുടെ ഇഷ്ടം എന്താണ് ഇവിടെ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് ആ സാഹചര്യത്തിൻ്റെ വഴിയിൽ ഞാൻ പോകുമ്പോഴാണ് എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നത് എനിക്ക് അന്യോന്യം സഹോദരിസവന്മാരെ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അവിടെ ആ കാര്യം നമ്മളെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നമ്മൾ മത്തായി ഏഴാം അധ്യായത്തിൽ നമ്മളെന്താ വായിക്കുന്നത് അവിടെ ജീവൻകലേക്കുള്ള വഴി മത്തായി ഏഴ് മത്തായി ഏഴിൽ ജീവൻകലേക്കുള്ള വഴിയെക്കുറിച്ച് പറയുമ്പോൾ അത് പതിമൂന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ അവിടെ ഈ പർവ്വത പ്രസന്നത്തിൽ ശിശുത്വത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നു ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കുകയും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഇടുക്ക് വാതിലിനെക്കുറിച്ച് പറയുന്നു ഇടുക്ക് വാതിൽ അല്ലെങ്കിൽ അതിനെ വാതിൽ എന്നാണ് മലയാളത്തിൽ പറയുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ അതിനെ ഒരു ഒരു ഗേറ്റ് എന്ന് പറയുന്നു നാരോ ഗേറ്റ് നാരോ ഗേറ്റ് ഒരു ഇടുക്ക് ഇടുക്ക് ഗേറ്റ് ഇടുക്ക് വാതിൽ അതിലൂടെ ഞാൻ കയറി ഇടുക്ക് വാതിലൂടെ കടക്കുകയും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ള ഒരു വഴി വിശാലം അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു എന്നാൽ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ അത് ഇടുക്കമുള്ളതാണ് വഴി ഞെരുക്കമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ അപ്പം ഇവിടെ പറയുന്നത് അപ്പം എനിക്ക് ഈ ജീവങ്കലേക്കുള്ള ഈ വഴി അല്ലെങ്കിൽ സമൃദ്ധമായ ജീവങ്കലേക്കുള്ള ഈ വഴി ആ വഴി എന്ന് പറയുന്നത് അതൊരു ഇടുക്ക് വാതിലുണ്ട് ഒരു ഇടുങ്ങിയ വഴിയുണ്ട് ഇടുക്ക് വാതിൽ ഇടുങ്ങിയ വഴി ആ വഴിയിലൂടെ ഞാൻ മുമ്പോട്ട് പോകുമ്പോഴാണ് ജീവൻ കണ്ടെത്താനും സമൃദ്ധിയായ ജീവൻ കണ്ടെത്തുവാനും കഴിയുന്നത് പ്രിയ സൗരീസവന്മാരെ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ പലപ്പോഴും ഞാനും ഇത് ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനും ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയുമ്പോൾ ആ ലഭിക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പ്രത്യേക ചില ചില അനുഭവങ്ങളുണ്ടായി ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നല്ല ഉദ്ദേശത്തിൽ ചെയ്ത ഒരു കാര്യം ചിലർ അതിനെ മിസ് മിസണ്ടർസ്റ്റാൻഡ് ചെയ്തു തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചു അപ്പോൾ എൻ്റെ ചില അധികാരികൾ എന്നെ വളരെ വളരെ കാർക്കശ്യത്തോടെ അവർ എന്നെ തിരുത്തുകയും എന്നെ ശാസിക്കുകയും എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാനായിട്ടുള്ള ഒരു താല്പര്യം തോന്നും പെട്ടെന്ന് പ്രതികരിച്ചാൽ അതെന്താണ് എൻ്റെ സ്വന്ത ജീവൻ എൻ്റെ സ്വന്തം ഇഷ്ടം എൻ്റെ സ്വന്തം താല്പര്യം എന്നാൽ ആ സമയത്ത് ദൈവം ഗ്രേസ് തന്നു ഗ്രേസ് തന്നു അതിനെ അങ്ങനെ ഏറ്റെടുക്കാനും അതിൻ്റെ ആ രീതിയിൽ എന്നെ തന്നെ താഴ്ത്താനും അങ്ങനെ കഴിഞ്ഞു അപ്പോൾ അടുത്ത ദിവസം നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യം എന്തായിരുന്നു മനസ്സിലായി അതിൻ്റെ സാഹചര്യം ഇന്നതായിരുന്നു മനസ്സിലായപ്പോൾ പെട്ടെന്ന് പറഞ്ഞ ആ പെട്ടെന്ന് അവരുടെ മനോഭാവം ടോട്ടലി മാറി മാറിയിട്ട് അവർ പറയുന്നു അവരെത്തി എന്നോട് തന്നെ ഒരു വളരെ ഒരു ഒരു അപ്പോളജറ്റിക്ക് ആയിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ അവിടെ ഞാൻ കാണരുത് ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ മറ്റ് പലരും നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ രണ്ട് വഴി തിരഞ്ഞെടുക്കാം എനിക്ക് ദൈവത്തോടുള്ള ആ ഒരു വഴി ബന്ധം എനിക്ക് എപ്പോഴാണ് എപ്പോഴും ശരിയാവുന്നത് ഞാൻ എൻ്റെ ഇഷ്ടം വേണ്ട കർത്താവ് എനിക്ക് അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ദൈവത്തോടുള്ള ബന്ധം ശരിയാവുന്നത് എൻ്റെ സഹോദരനെ എൻ്റെ സഹോദരിയെ എനിക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുന്നത് എപ്പോഴാണ് എൻ്റെ സ്വന്ത ശക്തിയും സ്വന്ത ബലവും സ്വന്ത ഒരു ഞാൻ ഒരിക്കലും നുറുക്കപ്പെടാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ എൻ്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് ഉണ്ടാവുകയില്ല ഞാനിങ്ങനെ തൊലിപ്പുറത്ത് അന്യോന്യം ക്ഷയിക്കാൻ കൊടുത്ത ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ പോവും പക്ഷേ ആ ജീവനെനിക്ക് സ്പർശിക്കാനേ പറ്റുന്നില്ല എൻ്റെ സഹോദരനോട് എനിക്കൊരു കൂട്ടായ്മ ആചരിക്കാനേ പറ്റുന്നില്ല എൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ്റെ ഒരു തൊടിപ്പോ ചൈതന്യമോ ഇല്ല കാര്യമെന്താ ഞാനൊരിക്കലും ഈ തരത്തിൽ എന്നെ തന്നെ ഇടുക്ക് വഴിയിലൂടെ പോകുവാൻ ഈ സമൃദ്ധിയായ ജീവൻ്റെ വഴിയിലൂടെ പോകുവാൻ എൻ്റെ ഇഷ്ടത്തെ ത്യജിച്ച് മുമ്പോട്ട് പോകുവാൻ ഞാൻ ഒരിക്കലും എന്നെ നുറുക്കപ്പെടുവാനായിട്ട് ഞാൻ അനുവദിക്കാതിടത്തോളത്തും കാര്യം സമയത്ത് എനിക്ക് യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ ദൈവത്തോടും എനിക്ക് മനുഷ്യരോടും എനിക്ക് ഉണ്ടാകുവാനുള്ള അത് അത് അസാധ്യമാണ് ഞാൻ എന്നെ ഉത്സാഹിപ്പിച്ച ഒരു ചിത്രമുണ്ട് ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ മറ്റു ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിത്രമാണ് നമ്മുടെ പരദേശി മോക്ഷയാത്ര നേരത്തെ വായിച്ചപ്പോൾ ആ പരദേശി മോക്ഷയാത്രയെ വായിച്ചപ്പോൾ അതിനകത്ത് ഒരു ഈ പരദേശി അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തൻ്റെ ചെവിയിൽ രണ്ട് ചെവിയിലും കൈവെച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു അനിമേഷനോ മറ്റോ കണ്ട സമയത്ത് രണ്ട് സ്ഥല ചെവിയിലും കൈവെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പല ലോകത്തിൻ്റെ ശബ്ദങ്ങൾ തന്നെ യഥാർത്ഥത്തിലുള്ള ആത്മീക വഴിയിൽ നിന്ന് തന്നെ പുറകോട്ട് വലിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് പല കാര്യങ്ങൾ അദ്ദേഹത്തെ വലിക്കുന്നു പല രീതിയിൽ തനിക്ക് നിരാശയും ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം രണ്ട് ചെവി ചെവിയിലും കൈവച്ചുകൊണ്ട് ജീവനേ ജീവനെ ജീവനേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടുന്നു ജീവനേൻ്റെ പുറകെ അദ്ദേഹം ഓടുന്നു തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അത് വേണ്ട വെച്ച് മുമ്പോട്ട് പോകുന്നു അപ്പോൾ ആ ഒരു വഴി ഞാൻ ഈ ഒരു ഒരു വാക്യവും കൂടെ ഞാൻ കാണിച്ചിട്ട് നമുക്ക് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അവിടെ അവിടെ ഈ ടാബനാക്കളിനെ പറയുന്ന ആ ഭാഗത്ത് നമ്മൾ ഇരുപത് ഇരുപതാം വാക്യം ഇരുപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവിടെ വിശുദ്ധ സ്ഥലത്ത് ഒരു നിലവിളക്കുണ്ട് ആ വിശുദ്ധ സ്ഥലത്തുള്ള നിലവിളക്കിനെ കുറിച്ച് അവിടെ പറയുന്നത് വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക ആ വിശുദ്ധ സ്ഥലത്തുള്ള നിലവിളക്ക് അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ നിലം നിരന്തരം ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുവാൻ നമ്മുടെ ഉള്ളിലെ ജീവൻ ആ തുടിപ്പ് അത് വീണ്ടും വീണ്ടും വർധിച്ചു വരുവാൻ ആ നമ്മുടെ ഉള്ളിൽ ഉള്ള ജീവൻ ആ നിരന്തരം വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഇതാ പറയുന്നത് അതിന് എണ്ണ ഒഴിക്കണം ആ എണ്ണ എവിടെ കിട്ടുന്നത് അതിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അവിടെ കൊണ്ടുവരണം നമുക്ക് ഈ ഒരു ജീവൻ വേണമെന്ന് പലപ്പോഴും നമ്മൾ പറയാനുണ്ട് നമ്മൾ കർത്താവെയും ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്നാൽ ഇതിൻ്റെ വഴി എന്താണ് നമുക്ക് ആ തെളിവുള്ള ഒലിവെണ്ണ ലഭിക്കുന്നത് ഈ ഇടിച്ച് എടുത്ത് അങ്ങനെയാണ് തെളിവുള്ള ഒലിവെണ്ണ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പക്ഷേ നമുക്ക് നമ്മളെ ഇടിക്കാനോ നമ്മളെ ആരെങ്കിലും ഒന്ന് തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒന്ന് ചെറുതാക്കാനോ നമ്മളെ ആരെങ്കിലും ഒന്ന് തിരുത്താനോ നമ്മളെ ഒന്ന് തൊടാനോ നമ്മളെ അനുവദിക്കാത്തിടത്തോളം നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ഒരു എണ്ണ നമ്മിൽ നിന്നും ഉയരുകയില്ല അതുകൊണ്ടാണ് അനേക വർഷങ്ങൾ കഴിഞ്ഞാലും ചിലർക്ക് ചില സഹോദരി സഹോദര്മാർക്ക് അവർ ഇങ്ങനെ മീറ്റിങ്ങിന് വരും അവരിയ്ക്കും അങ്ങനെ അങ്ങ് പോവും അവർ പക്ഷെ അവരുടെ ജീവിതം ഒരു പ്രയോജനമുള്ള ജീവിതമായി മാറുന്നില്ല അവരുടെ ഉള്ളത്തിൽ നിന്ന് അവർക്ക് മറ്റാരെയും ഒരു അനുഗ്രഹിക്കാനായിട്ട് പറ്റുന്നില്ല അവർക്ക് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിവേചനം ലഭിക്കുന്നില്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നില്ല ഒരു വഴിയെക്കുറിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അത് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മൾ പറയുമ്പോൾ നല്ല സഹോദരൻ നല്ലതായിട്ട് ഒക്കെ പറയും നല്ല സംസാരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു നുറുക്കത്തിൻ്റെ വഴി ഈ ഒരു ജീവൻ്റെ വഴി ഈ ഒരു സമൃദ്ധിയായ ജീവൻ്റെ വഴി അദ്ദേഹം കണ്ടെത്തിയിട്ടില്ല എപ്പോഴും തങ്ങളെ തന്നെ ന്യായീകരിക്കുന്നു എപ്പോഴും ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു എപ്പോഴും എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ദൈവം ഞെരുക്കത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഞെരുക്കത്തിൻ്റെ മധ്യത്തിൽ അവിടെ കർത്താവെ അങ്ങനെ നുറുക്കണമേ കർത്താവെ ഞാനിതാ എൻ്റെ ഇഷ്ടം വേണ്ട അങ്ങയുടെ ഇഷ്ടം മതി കർത്താവ് കൽവരി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഞാൻ എനിക്കിങ്ങനെ താല്പര്യമുണ്ട് പക്ഷേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ഈ വഴി നമുക്ക് കുറച്ചുകൂടെ വ്യക്ത വ്യക്തതയുള്ളതായിത്തീരും ഈ വഴി നമുക്ക് കുറച്ചുകൂടെ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായി മാറും ഞാനത് ആഗ്രഹിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പ്രിയ സൗരസൗകര്മാരെ നമുക്കിത് ആഗ്രഹിക്കാം നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഒരു ടെമ്പർമെൻ്റ് ഉണ്ട് നമ്മുടെയൊക്കെ ഒരു രീതിയുണ്ട് പണ്ട് മുതലേ ഈ സൗദന അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ വർഷം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു രീതിയിൽ എൻ്റെ സ്വഭാവത്തിലൊരു വ്യത്യാസം വരുന്നില്ലേ അതായത് പണ്ട് പെട്ടെന്ന് വികാരം ക്ഷോഭത്തിന് ഞാൻ അടിമപ്പെട്ട് പെട്ടെന്ന് ഒരു നമ്മൾ ചില ചില ചിലർ വിചാരിക്കും അവർ പെട്ടെന്ന് ഒരു കാര്യം അതിന് മുമ്പിൽ അവർ പെട്ടെന്ന് കരയുന്നവരാണ് പെട്ടെന്ന് പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് പെട്ടെന്ന് അതിനോട് സംസാരിക്കുന്നവരാണ് ഇതാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ പ്രകൃതം എന്നാൽ ഞാൻ ഈ ഒരു വഴിക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ആ പെരുമാറ്റത്തിന് ഒരു മാറ്റം വരും പെട്ടെന്ന് ഒന്നും ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു സഹോദരന് അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹം അദ്ദേഹത്തിൽ ഒരു നുറുക്കം സംഭവിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചിലപ്പോൾ മിണ്ടും മിണ്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിക്കുന്ന പെട്ടെന്ന് ചില സാഹചര്യങ്ങൾ പെട്ടെന്ന് വികാരക്ഷോഭം കൊണ്ട് പെട്ടെന്ന് തൻ്റെ സ്വയത്തിന് മുറിവേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീർ വരുന്ന ഒരു സഹോദരിക്ക് ഒരു സഹോദരന് കുറച്ച് കഴിയുമ്പോൾ ഈ ജീവൻ്റെ വഴി കണ്ടെത്തുമ്പോൾ ഇടുക്കത്തിൻ്റെ വഴി കണ്ടെത്തുമ്പോൾ ഈ ഞെരുക്കത്തിന്റെ ക്രഷിങ്ങിൻ്റെ വഴി കണ്ടെത്തുമ്പോൾ അവിടെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഈ രീതിയും പെരുമാറ്റത്തിനും മാറ്റം വരുന്നു ദൈവം നമ്മെ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ക്രൂശൻ്റെ വഴിയിലൂടെ പോയി സമൃദ്ധിയായ ജീവൻ ഓ നമ്മൾ പത്രോസിൻ്റെ പത്രോസിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് നമ്മൾ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം അവിടെ പറയുന്ന പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവരാജ്യത്തിലേക്കൊരു പ്രവേശനമുണ്ട് പക്ഷേ ദൈവരാജ്യത്തിലേക്ക് രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിലാണ് ദൈവരാജ്യത്തിലേക്ക് ധാരാളമായ പ്രവേശനവും ഉണ്ട് പ്രവേശനം ധാരാളമായ പ്രവേശനം ജീവൻ സമൃദ്ധമായ ജീവൻ അപ്പൊ നമുക്ക് ഈ ഇടുക്കുവാതിൽ ഇടുക്ക് ഗേറ്റ് കടന്ന് ആ ഒരു ഇടുക്കമുള്ളൊരു വഴി കൂടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വഴി ആ വഴിയിലൂടെ യാത്ര ചെയ്ത് എൻ്റെ സ്വന്തം ഇഷ്ടമല്ല കർത്താവെ അങ്ങയുടെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് കർത്താവിനോടുള്ള ബന്ധത്തെയും എൻ്റെ സഹോദരസന്മാരോടുള്ള ബന്ധത്തെയും എനിക്ക് ഈ ക്രൂസിൽ ഞാൻ എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് വെച്ചിച്ച് ഞാൻ ആ ക്രൂസിൻ്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോയി അത് എൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും പ്രിയമുള്ളവരെ ആഗ്രഹിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സഭയായിട്ട് നമുക്ക് വ്യക്തിപരമായ ദൈവമുത്തോട് ബന്ധമുണ്ടാവും അന്യോന്യം നമുക്ക് ബന്ധമുണ്ടാവും പരാതികൾക്കും പിറമറുകൾക്കും അപ്പുറത്ത് കംപ്ലൈൻറ്റുകൾ ും സമൃദ്ധി ജീവനിലുള്ള കൂട്ടായ്മ നമുക്ക് ഉണ്ടാവും യഥാർത്ഥത്തിലുള്ള പണിയപ്പെടും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം കർത്താവ് വന്നത് അതിനുവേണ്ടിയാണ് ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ എന്നാൽ ഇത് എടുത്തു കളയുവാൻ മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും വേണ്ടി പിശാജി വന്നിരിക്കുന്നു അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ പിശാജ് എടുത്തു കളയുവാൻ നമുക്ക് അനുവദിക്കാതിരിക്കുക നമുക്ക് ഈ ക്രൂശ് ദൈവശക്തിയുടെ ഈ വഴി ഹാലയിൽ അത് നമുക്ക് തിരഞ്ഞെടുക്കാം കർത്താവേ അങ്ങിയുടെ ശക്തിയുടെ വഴി ഈ ലോകത്തിന് ഈ ക്രൈസ്തവ ലോകത്തിന് നമ്മുടെ ചുറ്റിനുമുള്ള ക്രൈസ്തവ ലോകത്തിന് ഈ ക്രൂശിൻ്റെ വഴി മാർഗം അതൊരു പോഷത്വമാണ് എന്നാൽ കർത്താവേ എനിക്ക് അങ്ങയുടെ പുറകെ പോകുന്ന ഈ ശക്തിയുടെ വഴി അങ്ങയോടുള്ള ബന്ധം എനിക്ക് എൻ്റെ സൗരസ്വർമാരോടുള്ള ബന്ധം അതിനായിട്ട് എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് വെച്ച് അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ പുറകെ പോകുന്ന ആ ഒരു മാർഗ്ഗം ആ ഇടുക്കു വഴി എൻ്റെ കണ്ണിന് തെളിവായിട്ട് എനിക്ക് കാണിച്ചു തരികയും നിരന്തരം ആ വഴിയിലൂടെ പോയി കർത്താവെ തെളിവുള്ള ഒലിവെണ്ണ ശേഖരിച്ചു കൊണ്ട് പുറകെ പോകുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും ആമി